ായ ഇസ്രയേൽ ഷിഫിയമിൽ പാർക്കുമ്പോൾ ജനം മോവാപ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച് അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു ഇസ്രയേൽ ബാൽപയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രയേലിന്റെ നേരെ ജ്വലിച്ചു യഹോവ മോശയോട് ജനത്തിന്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രയേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കിക്കളക എന്ന് കൽപ്പിച്ചു മോശ ഇസ്രയേൽ ന്യായാധിപന്മാരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ ആളുകളിൽ ബാൽപേയോനോട് ചേർന്നവരെ കൊല്ലുവീൻ എന്നു പറഞ്ഞു എന്നാൽ മോശയും സമാഗമന കൂടാരത്തിന്റെ ൊണ്ടിരിക്കുന്ന ഇസ്രയേൽ മക്കളുടെ സർവ്വസഭയും കാണിക്കെ ഒരു ഇസ്രയേലിയൻ തന്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിത്യാന്യസ്ത്രീയെ കൊണ്ടുവന്നു അഹ്റോൻ പുരോഹിതന്റെ മകനായ എലയാസാരിന്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യ നിന്ന് എഴുന്നേറ്റ് കയ്യിൽ ഒരു കുന്തമെടുത്തു ആ ഇസ്രയേലിന്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി അപ്പോൾ ബാധ ഇസ്രയേൽ മക്കളെ വിട്ടുമാറി ബാധകൊണ്ട് മരിച്ചുപോയവർ ഇരുപത്തിനാലായിരം പേർ പിന്നെ യഹോവ മോശയോട് അരുളി ഞാൻ എന്റെ തീക്ഷ്ണതയിൽ ഇസ്രയേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് ഹരോൻ പുരോഹിതന്റെ മകനായ എലയാസാറിന്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്കുവേണ്ടി തീഷ്ണതയുള്ളവനായി എന്റെ ക്രോധം ഇസ്രയേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു ആകെ ഞാൻ അവന് എന്റെ സമാധാന നിയമം കൊടുക്കുന്നു അവൻ തന്റെ ദൈവത്തിനുവേണ്ടി തീഷ്ണതയുള്ളവനായി ഇസ്രയേൽ മക്കൾക്കുവേണ്ടി പ്രായ്ചിത്വം കഴിച്ചതുകൊണ്ട് അത് അവനും അവന്റെ സന്തതിക്കും നിത്യ പൌരോഹിത്യത്തിന്റെ നിയമമാകുന്നു എന്ന് നീ പറയണം മിത്യാന്യസ്ത്രീയോടുകൂടെ കൊന്ന ഇസ്രയേലിയന് സിമറി എന്നുപേർ അവൻ സിമയോൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിന്റെ മകനായിരുന്നു കൊല്ലപ്പെട്ട മിത്യാന്യസ്ത്രീക്ക് കൊസ്ബി എന്നുപേർ അവൾ ഒരു മിത്യാന്യഗോത്രത്തിൽ ജനാധിപനായിരുന്ന സൂര്യന്റെ മകളായിരുന്നു പെയോരിന്റെ സംഗതിയിലും പെയോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട അവരുടെ സഹോദരിയായി മിത്യാന്യപ്രഭുവിന്റെ മകൾ കൊസ്ബിയുടെ സംഗതിയിലും മിത്യാന്യർ നിങ്ങളെ ചതിച്ച് ഉപായങ്ങളാൽ വലച്ചിരിക്കൊണ്ട് നിങ്ങൾ അവരെ വലച്ച് സംഹരിപ്പീനെന്ന് യഹോവ മോശയോട് അരുളിച്ചെടുത്തു